ദൈവത്തെ മഹത്തപ്പെടുന്നൊരു ജീവിതം കർത്താവിനെ ആശ്രയിക്കുന്നൊരു ജീവിതമാണ് എന്നാണ് നാം കേട്ടത് കർത്താവിനെ ആശ്രയിക്കുകയും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് നാം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ മഹത്തപ്പെടുക പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഭുതങ്ങൾ തിരയാറുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ ദൈവം നമ്മെ സഹായിക്കണം പക്ഷെ ആ അത്ഭുതത്തിന് ശേഷം പിന്നീട് മറ്റൊരു പ്രതികൂലത്തിന് മുമ്പിൽ ദൈവം മുമ്പൊരു സാഹചര്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ആ വിതൽ നാം മറന്നു ഇവിടെ ശിഷ്യന്മാരുടെ ജീവിതത്തിലും നാം ഒന്ന് പറഞ്ഞ കടലിലുള്ള നടക്കുന്ന അല്ലെങ്കിൽ ആ തണ്ട് വെളിച്ച് ബുദ്ധിമുട്ടുന്ന രംഗം ശിഷ്യന്മാരെ പ്രാപ്തരാക്കുന്ന തൻ്റെ ശുശ്രൂഷയ്ക്ക് പങ്കാളിത്തം കൊടുത്ത് അയ്യായിരം പേരെ തീറ്റിപ്പോറ്റുന്ന ആ സാഹചര്യത്തിന് ശേഷവും അവിടെ അവിടെ തങ്ങ തന്നിൽ ആശ്രയിക്കുവാൻ ജീവിതത്തിൽ മതിയായവനായ ഒരു കർത്താവിനെ കാണാനായിട്ട് ശിശുമാർക്ക് അവിടെ കഴിഞ്ഞില്ല അവർ ഭൂതം എന്നാണ് കർത്താവിൻ്റെ സാന്നിധ്യത്തെ കണ്ടത് എന്ന് തെറ്റിദ്ധരിച്ചത് ഇപ്പോഴും നാം മനസ്സിലാക്കണം നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം പ്രതികൂലങ്ങളില്ലാത്തൊരു ജീവിതമല്ല ഇവിടെ നോക്കുക കടലിൽ അവർ പ്രിയപ്പെട്ടവർ കടലിൻ്റെ നടുവിൽ ആയപ്പോൾ കടലിൻ്റെ കടലിൻ്റെ നടുവിലാണ് കടലിൻ്റെ കടലിൻ്റെ നടുവിൽ ഒരു മനുഷ്യൻ എത്രമാത്രം സമർത്ഥനാണെങ്കിലും അവൻ നിസ്സഹായനാണ് അവിടെ നോക്കുക അവിടെ കാറ്റ് പ്രതികൂലം കാറ്റ് പ്രതികൂലമുണ്ടായി കാറ്റ് പ്രതികൂലമായതുകൊണ്ടാണ് അവർ തണ്ട് വലിച്ച് വിഷമിക്കേണ്ടി വന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ നാം കാണുന്നത് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷനല്ല ദൈവം നമുക്ക് തരുന്നത് മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും കത്താവിനെ ആശ്രയിക്കുവാനായിട്ട് നമ്മളെ പഠിപ്പിക്കുവാനാണ് സാധാരണ ഒരു ജീവിതം പോലെ തന്നെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമ്മൾ വ്യത്യാസം വ്യത്യസ്തരാകുന്നത് എങ്ങനെയാണ് അത് കത്താവുള്ളൊരു ജീവിതമായിട്ട് മാറുമ്പോഴാണ് കർത്താവിൽ ആശ്രയിക്കുമ്പോൾ കത്താവിൽ ചാരുമ്പോൾ ഇവിടെ കത്താവുണ്ട് ഈ ഇതിൻ്റെ മധ്യത്തിൽ ഈ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്ന് കത്താവിനെ വിശ്വസിക്കുന്നിടത്താണ് കർത്താവും മഹത്തപ്പെടുന്നത് എന്നാണ് നമുക്ക് കേട്ടതിൻ്റെ സന്ദേശം എനിക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത് അവിടെ നോക്കി അവിടെ ഹൃദയം കരുതിരുന്നൊരു ഭാഗം നമ്മൾ കർത്താവിൻ്റെ കൂടെ ജീവിച്ചവർ കർത്താവിൻ്റെ കൂടെ നടന്നവർ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടവർ കർത്താവിൻ്റെ സ്നേഹവും കരുതലും പ്രൊട്ടക്ഷനും എല്ലാം അനുഭവിച്ചവർ നോക്കുക അവിടെ അവരവിടെ അവരുടെ ഹൃദയം കരുത്തിരു പോയി എന്നാണ് പറഞ്ഞത് ഹൃദയം കടുത്ത് അതുകൊണ്ട് അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല എന്ന് പതിൽ പറഞ്ഞത് നമുക്ക് കേട്ടു അപ്പത്തിൻ്റെ സംഗതി ഗഹിച്ചില്ല ദൈവത്തിൻ്റെ പ്രൊവിഷനെപ്പറ്റി നമ്മുടെ ജീവിതത്തിൻ്റെ സമാനമായ സാഹചര്യങ്ങളിൽ ദൈവം ചെയ്യുന്നത് കണ്ടിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ നാം അത് ഓർക്കാറില്ല മറിച്ച് നാം സ്വയം ഒരു അധ്വാനത്തിൽ നമുക്ക് ഇന്ന് കേട്ടത് പോലെ സ്വയം അധ്വാനിച്ച് അധ്വാനിച്ച് തണ്ടുവലിച്ച് തണ്ടുവലിച്ച് വരുപ്പോൾ സംഭവിക്കുക നമ്മുടെ ഹൃദയം ഹൃദയം കർത്താവിനുള്ള സ്നേഹത്തിലൊരു സ്പശ്യതയുള്ള ഹൃദയമായിട്ട് മാറാതെ നാം കഠിനപ്പെട്ടു പോവുക നാം എപ്പോഴൊക്കെ നാം സ്വയം അധ്വാനിക്കുന്നു അപ്പോഴൊക്കെ നാം തമ്മിൽ തന്നെ ആശ്രയിക്കുമ്പോൾ നമ്മൾ ഹൃദയം കടുത്തു പോവുകയാണ് അവിടെ നാം ഞായറാഴ്ച കൂട്ടായ്മയുണ്ട് വെള്ളിയാഴ്ച കൂട്ടായ്മയുണ്ട് ഇടയ്ക്ക് സഹോദരങ്ങളുണ്ട് ദൈവഭയം ഉണ്ട് എന്നൊക്കെ നാം വിചാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഹൃദയം കടുത്തു പോകുന്ന ഒരന്തരി ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാവും സങ്കീർത്തകൻ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ നമുക്ക് ഇങ്ങനൊരു വാക്യം വായിക്കുന്നു ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കേട്ടത് പോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ അനുവദിക്കുന്നത് നം ദൈവത്തെ ആശ്രയിക്കാൻ നമ്മെ പഠിപ്പിക്കുകയാണ് എന്ന് നാം കേട്ടു നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ എഴുപത്തി അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് യഹോവേ നിൻ്റെ വിധികൾ നീതിയുള്ളവ നീതിയുള്ളവയെന്നും വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നുവെന്നും ഞാൻ അറിയുന്നു നമുക്ക് ദൈവത്തിൻ്റെ വിശ്വസ്തയെപ്പറ്റി ഇവിടെ സങ്കീർത്തകൻ പറയുന്നത് നീ താഴ്ത്തിയിരിക്കുന്നു നീ താഴ്ത്തിയിരിക്കുന്നു ആ കടലിൻ്റെ മധ്യത്തിൽ ഒരു ഒരു നടുക്കടലിലായിരിക്കുന്ന ആ ശിഷ്യന്മാർ തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ നോക്കുക അവിടെ ഒരുവിധത്തിൽ അവരെ താഴ്ത്തപ്പെടുക അവർ നിസ്സഹരാക്കപ്പെടുകയാണ് നോക്കി ഇവിടെ അതേപ്പറ്റി പറയുന്നത് വിശ്വസ്തയോടെ നീനെ താഴ്ത്തിയിരിക്കുന്നു ഇപ്പോഴത്തെ ദൈവം നമ്മെ പലപ്പോഴും ചില പരാജയങ്ങളിലേക്ക് അല്ലെങ്കിൽ ചില അനിസ്സഹായതയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ചില താഴ്ചകളിലേക്ക് കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തയാണ് എന്ന് ഈ സങ്കീർത്തകൻ തിരിച്ചറിഞ്ഞു ഞാനൊക്കെ പുതിയ നിയമ ആ ജീവിതത്തിൽ ഒരു കസിയ ജീവിതത്തിൽ പലപ്പോഴും നാം ഈ ഒരു വിശ്വാസമുള്ളവരാണോ എന്നെ താഴ്ത്തുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഞാനിവിടെ കുറവുള്ളവനായി നിൽക്കുന്നത് ഒരു നിസ്സഹായതയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തയാണ് എന്ന് നാം എത്ര പേർ ചിന്തിക്കാറുണ്ട് അവിടെ എഴുപത്തൊന്നാം വാക്കി എങ്ങനെയാണ് നിൻ്റെ ചട്ടങ്ങൾ പഠിക്കാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി നമുക്ക് എത്ര എത്ര മനോഹരമായ കാഴ്ചപ്പാടാണ് ദൈവത്തെ ആചത്തിൽ വ്യക്തിപരമായി അറിഞ്ഞ ഒരു ഒരു സങ്കീർത്തനമാണിത് ആജത്തിൽ കത്താവിനെ അറിയുന്ന എൻ്റെ ജീവിതത്തിൽ ഈ സാഹചര്യം ദൈവം അനുവദിച്ചെങ്കിൽ അത് ദൈവം എന്നെ ദൈവം എന്നെ പണിയുകയാണ് ഈ സാഹചര്യത്തിൽ ദൈവത്തെ ആശ്രയിക്കുവാനായിട്ട് വിശ്വസിക്കുവാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് നന്മയ്ക്കായിട്ട് മാറ്റുവാനായിട്ടാണ് ദൈവം ഈ സാഹചര്യം അനുവദിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരു വാക്യമാണത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ് തന്റെ താഴ്ചയിൽ താൻ കാണുന്നത് അപ്പോൾ നൂറ്റി മുപ്പത്തൊമ്പതാം സംഗീതം ദാവ് ചെയ്തും അത് ഇങ്ങനെ പറയുന്നു നൂറ്റി മുപ്പത്തൊമ്പതിൽ ദാവ് ചെയ്ത് നാലാം വാക്യം അല്ലെങ്കിൽ ഒന്നാം വാക്യം നീ എന്നെ ശോധന അറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും നീ അറിയുന്നു എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു യഹോബൈ നീ മുഴുവൻ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല നീ മുമ്പും പിമ്പും അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു ഈ പരിജ്ഞാനം എനിക്ക് അത്ഭുതകരമാകുന്നു നമുക്ക് ഈ ഒരു പരിജ്ഞാനം ഇവിടെയൊരു പരിജ്ഞാനമാണ് ഈ കാര്യങ്ങൾ നാം തിരിച്ചറിയുക നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ദൈവം അനുവദിക്കുന്ന ചില സാഹചര്യങ്ങളിലൂടെ നാം ഈ പരിജ്ഞാനം പ്രാപിക്കുന്നവരായിട്ട് നിൽക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം അറിയാതെയല്ല ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് സമ്പൂർണ്ണമായും ഞാൻ എൻ്റെ ജീവിതം എന്ന് ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരുവനും ഒരു മകളും മകനുമാക്കി മാറ്റുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ചില ദിവസങ്ങൾ ഞാൻ ചെന്നൈയിലായിരുന്നു രാത്രി ഇന്നലെ രാത്രിയിലാണ് എത്തിയത് ഞാൻ മോളുടെ അഡ്മിഷന് വേണ്ടി പോയതാണ് അവിടെ അവിടെ അവിടെ ഹോസ് കോളേജിലാക്കി ഹോസ്റ്റലിലൊക്കെ അഡ്മിഷനൊക്കെ എടുത്ത് അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങണം അത് മറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കാൻ ചെന്നൈ അല്ലെങ്കിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് ഏത് കോളേജിലാണെങ്കിലും യൂണിവേഴ്സിറ്റി ഒരു ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് യോഗ്യതാ സർട്ടിഫിക്കറ്റ് തരണം അപ്പോൾ അതിൻ്റെ കുറേ പേപ്പേഴ്സും അല്ല ഈ കോളേജിൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കോളേജിൽ നിന്നുള്ള ഉൾപ്പെടെ ചേർന്നതിൻ്റെ തെളിവും അല്ലെങ്കിൽ മുൻപ് പഠിച്ച പത്താം ക്ലാസ് മുതൽ എല്ലാ വിഷയങ്ങൾക്കും പാസ്സായെന്നുമൊക്കെ അതായത് എലിജിബിളാണ് ഈ കുട്ടി ഈ തൊഴിൽ വിദ്യാഭ്യാസത്തിനെന്ന് നമ്മളെ അറിയില്ലാത്തൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് വേണ്ട തെളിവുകളൊക്കെ ആയിട്ട് ഞങ്ങൾ സർട്ടിഫിക്കറ്റ്സൊക്കെ ആയിട്ട് പോയി അത് വേണ്ട വിധം അറ്റസ്റ്റ് ചെയ്ത് ഗസിഡ് ഓഫീസിലേക്ക് കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് അതൊക്കെ ചെല്ലുന്നു ചെല്ലുമ്പോൾ പുല്ലി നീണ്ട ക്യൂ ആണ് അനേകം മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള കുട്ടികളെല്ലാം അവിടെയുണ്ട് അവിടെ ഞാനും മൂളം ഇവിടെ ക്യൂവിലാണ് ക്യൂവിൽ നിൽക്കുന്നു അവിടെ ചെല്ലുന്നു ചെല്ലുന്നു കഴിയുമ്പോൾ ചെറിയ ആദ്യം കീഴിൽ നിന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് അവിടെ ചെല്ലുന്നത് ചെന്ന് കഴിയുമ്പോൾ അവർ ചെറിയൊരു കാര്യം ഒരു തടസ്സം പറയും അതിങ്ങനെയല്ല ഈ സർട്ടിഫിക്കറ്റ് വേണം കാരണം നമ്മൾ കോളേജിൽ പോയി ഏതൊക്കെയാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് ആ കോളേജുകാർ കയറിയതനുസരിച്ചാണ് നിങ്ങൾ പോയത് ഇന്ന ഇന്ന സർട്ടിഫിക്കറ്റ് പോയി ഇത് വേണമെന്നില്ല ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒറിജിനൽ വേണ്ട നിങ്ങൾ അറ്റസ് കോപ്പി കൊണ്ടുപോയാൽ മതി അപ്പോൾ അവർക്കറിയാം അതിൻ്റെ ചട്ടങ്ങൾ അവർക്കറിയാവുന്നതുകൊണ്ട് അങ്ങനെ അറ്റ അതുമായി അല്ല അത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ വേണം ഉടനെ വീണ്ടും പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ തിരികെ പോയി ആ കോളേജിൽ പോകുന്നു അങ്ങനെയല്ല അവർ പറയുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ കോളേജുകാർ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അവർ റിലീസ് ചെയ്യുന്നു ആവശ്യമില്ലാത്തതാണ് ഇതിനു മുമ്പ് കുട്ടികള ഇവിടുന്ന് പോയിട്ടുണ്ട് എന്നൊക്കെ അവർ അവരുടേതായ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഇടയ്ക്കെല്ലാം സംഭവിക്കുന്ന എന്താണ് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വെയിലത്ത് ഈ ബസ് കയറിയും അല്ലെങ്കിൽ വാഹനത്തിലുമൊക്കെ ആയിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു അവിടെ ചെല്ലുമ്പോൾ അടുത്ത ക്യൂ വീണ്ടും നീണ്ട ക്യൂവിൻ്റെ പുറയിൽ നമ്മൾ വീണ്ടും നിൽക്കുക അപ്പോൾ നോക്കുക ഹൃദയത്തിൽ നമുക്കൊരു അതൃപ്തിയുണ്ട് ഞാനൊക്കെ ദൈവം ദൈവം നമ്മൾ ദൈവമക്കളാണ് നമ്മളതെല്ലാം പറഞ്ഞ് ഞാൻ മോക്കത്ത് ടെൻഷനുണ്ട് കാരണം പിറ്റേ ദിവസം ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തേച്ച് പോകണം ഞാനിങ്ങനെ ഇന്നലെ പോരണം അതിന് മുമ്പ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടണം അപ്പോൾ ഇതെല്ലാം ഉണ്ട് അപ്പോൾ തന്നെ നമുക്കൊരു പിതാവുണ്ട് ദൈവമെല്ലാം അറിയുന്നു ഇതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ ഞാൻ അവളോട് പറയുന്നുണ്ട് അപ്പോൾ തന്നെ രണ്ടാമത്തെ ഇതിൽ പോയി വാങ്ങിച്ചു വാങ്ങിച്ചു വീണ്ടും ഈ ക്യൂവിൽ നിന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം കഴിഞ്ഞു ആ ദിവസം അഞ്ചുമണിയായി അവർ കൃത്യം അഞ്ചാകാൻ അഞ്ച് മിനിറ്റ് ഉള്ളപ്പോഴേക്ക് അപ്പോൾ ഞാൻ രണ്ട് രണ്ട് വരി പുറകിലാണ് ഞങ്ങൾ നിൽക്കുന്നത് രണ്ട് പേരോട് കടന്നാൽ ഞങ്ങളുണ്ട് ദൈവത്തിൻ്റെ അതി ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടാകും തിരിച്ച് പോയി തിരിച്ച് പോയി വീണ്ടും പിറ്റേ ദിവസം രാവിലെ ദൈവം കാര്യത്തിനായി ചെന്നു ചെന്ന് ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വെരിഫയ്ക്ക് അവർ വെരിഫൈ ചെയ്തിട്ട് പറഞ്ഞു ഇത് പറ്റില്ല ഇത് സമ്മതിക്കാനൊക്കത്തില്ല കാരണം ഇവിടെ പഠിക്കുന്ന മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നൊരു കുട്ടിക്ക് തമിഴിൽ തമിഴിൽ വർക്കിംഗ് നോളജ് ഉണ്ടാവണം എന്നൊരു ക്ലോസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് തമിഴിൽ വർക്കിങ് നോളജ് വന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ് തരണം അപ്പോൾ അവൾ ഒറ്റയ്ക്കാണ് പോയത് എന്നെ കയറ്റിയില്ല അപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെ കോളേജിൽ നിന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഞങ്ങൾക്ക് ഉള്ള ഇതെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനെ ആ ഒരു സർട്ടിഫിക്കറ്റ് അവർ വേണമെന്നുള്ള കാര്യം പറഞ്ഞില്ല ആ അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ഇത് നിയമമാണ് അപ്പോൾ ഈ വിളിച്ചോച്ച എവിടുന്നാണ് തരിക ആരാണ് തരേണ്ടത് ഞാൻ എവിടുന്നാണ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ടത് അപ്പോൾ അവർ പറഞ്ഞു ഇത് തമിഴ് ഒരു അധ്യാപകൻ അതായത് തമിഴ് ഡിപ്പാർട്ട്മെൻ്റ് എച്ച് ഒഴിതരണം ഈ മോൾ പഠിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ് അവിടെ തമിഴ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല പി ജി കോഴ്സുള്ള അല്ലെങ്കിൽ എം എസ് ഡബ്ല്യുവിന് പഠിക്കുന്ന കുട്ടി ആ കോളേജിൽ തമിഴ് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല അപ്പോൾ ഇവിടെ നിന്ന് കരയുകയും ഒക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാനൊക്കെ കയറി ഞാൻ അവരോട് അനുവാദം ചോദിച്ച് ഞാൻ അകത്തിയെന്നു അകത്തി വളരെ രൂക്ഷമായിട്ടാണ് ഒരു ഒരു ഒരു ഒരു വന്ന കുട്ടി ഒരു കോളേജിൽ വന്ന് അഡ്മിഷൻ എടുത്തു എടുത്തു ആ കുട്ടിക്ക് അവിടുത്തെ നിയമം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം അതൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് പോലും ഇവർക്ക് എത്രമാത്രം റൂഡായിട്ടാണ് അപ്പം ഇവിടെ നിന്ന് കരയുന്നതുകൊണ്ട് ഞാൻ കേൾ ചെന്നത് അപ്പോൾ ചെന്നു ഞാൻ പറഞ്ഞു ശാന്ത മോളെ സാറേ വേണ്ട ഞാൻ ചോദിക്കട്ടെ അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ആ മാഡം പറഞ്ഞു അത് നിയമം എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവിടെ സമയം കളയാനില്ല അപ്പോൾ ഞാൻ ചോദിച്ചത് ഇവിടെ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയതൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു പറഞ്ഞു അത് നിങ്ങളുടെ കോളേജിൽ പോയി അന്വേഷിക്കുക എനിക്ക് വേണ്ടത് തമിഴ് എച്ച് എച്ച് എച്ച് എച്ച്ഒ്ടയാണ് അപ്പോൾ ഞാനവിടെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ റിക്വസ്റ്റ് ചെയ്തു മാഡം എനിക്കിത് അറിഞ്ഞുകൂടായിരുന്നു അപ്പം നമുക്ക് എങ്ങനെയുള്ള സജ്ജമായി അവർ അത് അതിന് ഫോമാറ്റ് വല്ലതും ഉണ്ടോ സമയമല്ല ഒന്നുമില്ല ഒന്നുമില്ല ഒന്ന് പറഞ്ഞു പറഞ്ഞു കൂട്ടാതിൽ ഞാൻ ഏതായാലും വീണ്ടും തിരിച്ചു പോയി അപ്പോൾ എന്നോട് മോള് പറഞ്ഞു അവൾക്ക് ഭയങ്കര ഭയങ്കര ദേഷ്യമാണ് മടുതു അതായത് മൂന്ന് പ്രാവശ്യമായി മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പം ഇതൊക്കെ വരുമ്പോൾ ഇതൊന്നും അവർക്ക് അറിയുന്നൊരു കരണയില്ല അപ്പോൾ വീണ്ടും ഞങ്ങൾ ഞാൻ എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞാൽ നമുക്ക് കോളേജ് ചെല്ലാം അവിടെയും ദൈവത്തിൻ്റെ വഴിയുണ്ട് അതായത് തിരിച്ച് നിന്ന് അവിടുത്തെ ചൊടിയൊക്കെ കണ്ടു എച്ചോടി പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ അവർ അവരുടേതായ റീസൺ പറയുക രണ്ടുപേരും കോൺട്രഡിക്റ്റിലാണ് നമ്മളെന്ത് ചെയ്യുന്നു ഏതായാലും ഞാൻ പറഞ്ഞിട്ട് ഒരു ലെറ്റർ തന്നാൽ മതി ഇവിടെ തമിഴ്നാട് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലല്ലോ സാർ ഒരു ലെറ്റർ തന്നാൽ മതി മതിയാവും എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലെറ്ററൊക്കെ ഡ്രാഫ്റ്റ് ചെയ്തി തന്നു അതുകൊണ്ട് തിരിച്ച് പോയി തിരിച്ചു പോയി വീണ്ടും ഈ ക്യൂവിൽ നിൽക്കുക ക്യൂവിൽ നിന്ന് ചെന്നു അത് വളരെ അവിടെ വളരെ വളരെ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ എടുക്കുകയും അവർ ആ കാര്യങ്ങൾ സോഫ് ചെയ്തു ഞാൻ പറഞ്ഞു വന്നിതാണ് നമ്മൾ ഹൃദയത്തിൽ നമ്മൾ ഈ സാഹിത്യവും കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരം എന്താണ് എന്നെ കത്താവ് കാണിച്ച് ഈ മോളിയും കരയും ഒക്കെ ചെയ്തപ്പോൾ എന്നെ ഒരു ചിത്രം കാണിച്ചത് കർത്താവിൻ്റെ കാര്യമാണ് നമുക്ക് അവിടെ കർത്താവ് നമുക്ക് വേണ്ടി ആ ഗാകുൽ തമലയിലേക്ക് മുമ്പ് സന്നദ്ധനൊരു യാഗമാക്കി കൊടുക്കുന്നതിന് മുമ്പ് നോക്കി കർത്താപനെ ഇട്ട് എത്രമാത്രം അല്ലേ ആദ്യം ഗത്സമിൻ തോട്ടത്തിൽ നിന്ന് കയ്യാപ്പാസിൻ്റെ കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് അവിടെ നിന്ന് നോക്കുക പിലാത്തോസിൻ്റെ ആ കൊട്ടാരത്തിലേക്ക് അവിടെ നിന്ന് നോക്ക് പിന്നെ ഹെറുതെ കൊട്ടാരത്തിലേക്ക് പോയി തിരികെ പിലാത്തോസിൻ്റെ എന്നൊക്കെ എത്രയോ ഒരു സർവശക്തനായ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത നമുക്ക് വേണ്ടി യാഗമാകുവാനായിട്ട് ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി ജനിച്ചൊരു കർത്താവിനെ ലോകം ചെയ്തത് അല്ലേ തൻ്റെ സൃഷ്ടികൾ തന്നാരെ രക്ഷിക്കുവാനായിട്ട് വന്നോ അവർ ചെയ്യുന്ന ഇതാണെങ്കിൽ നമുക്ക് ആരോടാ പറ്റുക ആരത്തി പറയാൻ പറ്റുക ഈ ചിത്രം എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് ഞാൻ മോളോട് പറഞ്ഞു മോളെ ഇതാ നമ്മൾ ആലോചിക്കുക നമുക്ക് ദൈവം നമുക്ക് വേണ്ടി കത്താവ് കൊടുത്ത വില അല്ലാതെ ആ അല്ലെങ്കിൽ കുടിശിൽ തൂക്കപ്പെടുവാനായിട്ട് കൽപ്പിച്ചു ഉണ്ണയും കൊണ്ട് കുരിശിൽ തൂക്കി അങ്ങനെ ഒരു ഒരു ഇവൻ്റല്ല മണിക്കൂറുകൾ നീണ്ടു നിന്ന തട്ടിക്കളിക്കുന്നതുപോലെ അതിന് മുമ്പിൽ നമുക്ക് നമുക്ക് എന്താ ഇതിനൊക്കെ പറയാനുള്ളത് ദൈവം നമുക്ക് ആ ക്ഷമയും ആ അവിടെ അവിടെ പോലും കത്താവ് നോക്കുക ഒരൽപ്പം പോലും പൗരസ പത്രവസ അപ്പസോൻ പറയുന്നത് പോലെ അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ പായയിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല എന്നിട്ടും നോക്കുക അവിടെ നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം കത്താവ് നമ്മുടെ ജീവിതത്തിലും ീ ഈ വിധമുള്ള ആ കാത്തിരിപ്പും ക്ഷമയും പഠിപ്പിക്കാനാണ് ദൈവം നമ്മൾ പലപ്പോഴും താഴ്മയുടെ ഈ രംഗത്തിലൂടെ കടത്തി വിടുന്നതെന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് അവിടെ ആ വാക്യം ഇങ്ങനെയാണ് അതിനായി ഇരുപത് പത്രോസിൻ്റെ ഒന്ന് പത്ര റോസ് രണ്ടിൻ്റെ ഇരുപത്തി ഒന്ന് അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു നിങ്ങൾ അവൻ്റെ കാൽച്ചുകൂടെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലും ദൈവം ഇതാണ് ഈ ഒരു മാതൃക പിൻപറ്റാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ആ ഒരു രണ്ട് ദിവസത്തെ നീണ്ടമായ നീണ്ട പ്രോസസ്സിൻ്റെ ഒടുവിൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയാനൊക്കെ ഇടയായി ദൈവമേ കഥാപി അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച ആ വിധങ്ങൾ ഓർക്കുമ്പോൾ ഇതൊക്കെ എത്ര നിസ്സാരം എത്ര പെട്ടെന്നാണ് നമ്മൾ മടുത്തു പോകുന്നത് എത്ര പെട്ടെന്നാണ് ഹൃദയത്തിൽ ഒരു കയ്പുണ്ടാവുക അതിൽ നമ്മളൊരു അന്യായമായി ക്രൂരത കാണിക്കുന്ന ഒരു കാര്യമല്ല അവിടെ കണ്ടത് അവർ അവരുടെ നിയമം പറഞ്ഞു അവരുടെ നിയമത്തിൽ ഞാൻ നോക്കി ഞാൻ വെബ്സൈറ്റ് നോക്കിയപ്പോൾ അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് തെറ്റല്ല അവർ പറഞ്ഞത് അതുപോലും ഒരു വേള സഹിക്കാൻ പറ്റാത്തവണ്ണം നാമും കഠിനഹൃദയരായി പോകുന്നുണ്ടോ മറിച്ച് ഒരിക്കൽ പോലും പാപം ചെയ്യാതെ അല്പം പോലും കാമ്പർത്യം ഇല്ലാതെ നമുക്ക് വേണ്ടി ഈ താണലോകത്തിലേക്ക് സർവ്വവും ഒഴിച്ചു വന്ന ഒരു കത്താവ് നമുക്കൊരു മാതൃക തന്നെ പോയിട്ടുണ്ട് ആ മാതൃക നമ്മൾക്ക് ജീവിക്കാനായിട്ടാണ് കത്താവ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു വിധത്തിലുള്ള കഷ നമ്മൾ നോക്കുമ്പോൾ ഭൗതികമായിട്ട് കഷ്ടതയുണ്ട് ഉണ്ട് അപ്പോൾ തന്നെ ദൈവം ഒരു കാര്യം ചെയ്തെടുക്കുകയാണ് നോക്കുക ന്യായമായി വിധിക്കുന്നവെങ്കിൽ നാം തൻ്റെ നമ്മുടെ കാര്യങ്ങൾ പരമേൽപ്പിക്കുക ദൈവം നമ്മുടെ ഈ നാടുകളിൽ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ഏത് സാഹചര്യവും ഈ ഒരു ആശ്രയത്വത്തിലേക്ക് ന്യായമായി വിധിക്കുന്നവങ്കിൽ അല്ലെങ്കിൽ തക്ക സമയത്ത് തന്നെ ഉയർത്തുവാൻ മതിയായവനായി കത്താവൻ്റെ ജീവിതത്തെ കൊടുക്കുവാനായിട്ട് എന്നെ പരിശീലിപ്പിക്കുകയാണ് എന്ന് നാം തിരിച്ചറിയണം ഈ നാടുകളിൽ ദൈവം നമ്മയെ ഈ കൽപ്പിക്കുന്ന വാ വചനങ്ങളെല്ലാം കഴിഞ്ഞ ആഴ്ച തുടർമാനമായിട്ട് ഒരു ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു ജീവിതം എങ്ങനെയാണ് എന്നതിൻ്റെ പ്രായോഗിക കാര്യങ്ങളിലേക്കാണ് നാം വന്നത് എങ്ങനെയാണ് അർത്ഥവത്തായിട്ട് ആശ്രയിക്കുക എങ്ങനെയാണ് പരാജയത്തിൻ്റെ മധുരം ദൈവമുഖത്തേക്ക് നോക്കുക എങ്ങനെയാണ് നമ്മുടെ ഹൃദയം ദൈവത്തോട് പറ്റിയിരിക്കുക നന്ദിയുള്ള ഹൃദയം എങ്ങനെയാണ് സൂക്ഷിക്കുക നമ്മുടെ പ്രശ്നങ്ങൾ മധ്യ കർത്താവിനെ കാണാൻ കഴിയുക ഇതൊക്കെയാണ് ഇന്ന് നാം കേട്ടത് ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മളെ ഈ കത്താവിന് പ്രസാദകരമായ ഒരു ജീവിതം ദൈവത്തെ മഹത്തപ്പെടുന്ന ജീവിതം നമ്മുടെ പ്രായോഗിക ക്രിസ്ത്യാനിത്വത്തിൽ നമുക്ക് മാതൃകയാകുമ്പോൾ ഇന്ന് നാം കേട്ടത് പോലെ അല്പത്ര ആ ആ വാക്കിയെ നമ്മളിന്ന് വായിച്ച് കേട്ടത് ചക്രയാവരുടെ പുസ്തകത്തിൽ അനേകർ അനേകർ കർത്താവിനെ അറിയുവാനായിട്ട് നമ്മളോട് ചേരുന്ന മനോഹരമായൊരു അവസ്ഥ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ സാഹചര്യത്തിൽ നമ്മളെ പണിയേണ്ടതിനായിട്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ സമയത്തും കഥാവരെ മഹത്ഥപ്പെടുത്താം ദൈവം നമ്മെ സഹായിക്കട്ടെ